ഫറവോൻ ഗസയെ തോൽപ്പിച്ചതിനു മുമ്പേ ഫെലിസ്തിയെക്കുറിച്ച് ഇരമ്യ പ്രവാചകന് യഹോവീങ്കൽ നിന്നുണ്ടായ അരുളപ്പാട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു വടക്ക് നിന്ന് വെള്ളം പൊങ്ങി കവിഞ്ഞൊഴുകുന്ന നദിയാകും അത് ദേശത്തിന്മേലും അതിലുള്ള സകലത്തിന്മേലും പട്ടണത്തിന്മേലും അതിൽ പാർക്കുന്നവരുടെ മേലും കവിഞ്ഞൊഴുകും അപ്പോൾ മനുഷ്യർ നിലവിളിക്കും ദേശനിവാസികളൊക്കെയും മുറയിടും അവന്റെ ബലമുള്ള കുതിരകളുടെ കുളംപൊച്ചയും അവന്റെ രഥങ്ങളുടെ ഘോഷവും ചക്രങ്ങളുടെ ആരവവും നിമിത്തം ധൈര്യം ക്ഷയിച്ചിട്ട് അപ്പന്മാർ മക്കളെ നോക്കുകയില്ല പെരിസ്ഥരെയൊക്കെയും നശിപ്പിപ്പാനും സോരിലും സീതോനിലും ശേഷിച്ചിരിക്കുന്ന സകല സഹായകന്മാരെയും ഛേദിച്ചു കളവാനുമുള്ള ദിവസം വരുന്നതുകൊണ്ട് തന്നെ കഫ്തോർ കടൽ പുറത്ത് ശേഷിപ്പുള്ള യഹോവ നശിപ്പിക്കും ഗസയ്ക്ക് കഷണ്ടി വന്നിരിക്കുന്നു അവരുടെ താഴ്വരയിലെ ശേഷിപ്പായ അസ്കലോൻ മുടിഞ്ഞുപോയി എത്രത്തോളം നീ നിന്നെ തന്നെ മുറിവേൽപ്പിക്കും അയ്യോ യഹോവയുടെ വാളെ നീ എത്രത്തോളം വിശ്രമിക്കാതെ ഇരിക്കും നിന്റെ ഉറയിൽ കടക്ക വിശ്രമിച്ച് അടങ്ങിയിരിക്കുക അസ്കലോനും സമുദ്രതീരത്തിനും വിരോധമായി യഹോവ കൽപ്പന കൊടുത്തിരിക്കെ അടങ്ങിയിരുപ്പാൻ അതിന് എങ്ങനെ കഴിയും അവിടേക്കവൻ അതിനെ നിയോഗിച്ചുവല്ലോ